മ് mm. mm -hmm. ായിരുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാതല്ലോ പറഞ്ഞത് ഉം ഉം അതിനെ കുറിച്ച് വല്ലതും പറയാനുണ്ടോ എന്നുള്ളതാണ് ബാധിതദോഷം അങ്ങനെ വരും ബാധദോഷം അങ്ങനെ വരും ഇങ്ങനെ ബാധദോഷം വരുന്നത് അനുമാനത്തിൽ അങ്ങനെ ഇവിടെ ബാ വരുന്നത് ബാധുദോഷം എങ്ങനെ വരും ദോഷം വരുന്നത് ബാധയെന്ന് പറയാൻ പറ്റില്ല എങ്ങനെ വരും എങ്ങനെയാ വരുന്നു എന്നുകൂടെ പറയണം അനുമാന പ്രമാണത്തിലൂടെ രൂപിദ്രവ്യ ആലോകാജന്യ രൂപിദ്രവ്യ സാക്ഷാത്കാര ജനകത്ത് പറയുന്നു ബാധ എങ്ങനെയാ വരുന്നു ഇപ്പോ തോമസ് അദ്വൈതി പറയുന്നതനുസരിച്ച് രൂപവത്തും ക്രിയാപത്വമായ തമസ് പ്രത്യക്ഷമാണ് അവിടെ പിന്നെ ബാധ എങ്ങനെ വരും അനുമാനത്തിലൂടെ ശ്രദ്ധിക്കുന്നതിന് വിരുദ്ധമായൊരു കാര്യം മറ്റു പ്രമാണത്തിലൂടെ ശ്രദ്ധിക്കുന്നിടത്താണ് ബാധിക്കോഷം വരുന്നത് സാമർഥ്യസ് കാര്യഗമ്യത്വ എന്ന് പറഞ്ഞിടത്താണ് പറഞ്ഞത് ർക്കികൻ പറയുന്നത് രൂപകത്തായ ഒരു ദ്രവ്യം ആലോക സഹായം കൂടാതെ നിങ്ങൾ പ്രത്യക്ഷമാകും എന്ന് പറയുന്നു ചക്ഷിന്ദ്രിയു അതങ്ങനെ ശരിയാവും അപ്പം പറയുന്നു സാമർഥ്യസ്യ കാര്യമേത് അങ്ങനെ പ്രത്യക്ഷമാകുന്നു അതുകൊണ്ടത് അംഗീകരിക്കണം എന്താണ് രൂപകത്തായൊരു ദ്രവ്യം വെളിച്ചത്തിന്റെ സഹായം കൂടാതെ ചക്ഷിരം കൊണ്ട് പ്രത്യക്ഷമാവും എന്ന് പറയുമ്പോൾ അതൊരു സമാധാനമല്ല അതിന് പ്രതിബന്ധി ഉത്തരം പറയുന്നു അതിന് പറയുന്ന എന്താണ് ഇതിനെ സമർത്ഥിക്കാൻ വേണ്ടി പറയുന്നത് നിങ്ങൾ വെളിച്ചത്തിന്റെ അഭാവമാണ് ഇരുട്ടെന്ന് സ്വീകരിക്കുന്നിടത്തും ആരോഗ്യത്തിന്റെ സഹായം കൂടാതെ തന്നെ ചക്ഷുദ്രയം കൊണ്ട് അതിന്റെ പ്രത്യക്ഷത്തെ സ്വീകരിക്കുന്നു ർക്കിയനെന്തു പറയേണ്ടി വരും എന്തൊക്കെയാണെന്ന് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യം അല്ല ഇവിടെ സത്മാ പൂച്ച പൂച്ചു പറയുന്നത് കേട്ട് തലകുത്തിയിരുന്നിട്ട് തലകുരുക്കിയിട്ട് എന്താ കാര്യം അങ്ങനെയൊന്നും അല്ലെങ്കിൽ പഠിക്കേണ്ട താർക്കീയനോട് ചോദിക്കുകയാണ് ആലോക അഭാവമാണ് അന്ധകാരം എന്ന് പറയുന്നിടത്തും ആലോക അഭാവത്തെ നിങ്ങൾക്ക് പ്രത്യക്ഷമാണല്ലോ ചക്ഷുരന്തിരും കൊണ്ടാണല്ലോ അവിടെ വിളിച്ചോണ്ടോ അപ്പൊ ആലോക അഭാവമായി സ്വീകരിച്ചു കഴിഞ്ഞാലും എന്താണ് താർക്കികനും ചാക്ഷപ്രത്യക്ഷത്തെ സ്വീകരിക്കേണ്ടി വരും ആലോകസഹായം താർക്കിക ഇന്ദ്രിയ ഗ്രഹ്യതാവം ഇന്ദ്രിയ ഗ്രഹ്യതെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ പ്രകാശത്തിന്റെ അഭാവമാണെങ്കിലും അത് ചക്ഷുസ കൊണ്ട് തന്നെയല്ലേ ഗ്രഹിക്കുക പ്രകാശത്തിന്റെ അഭാവം ചക്ഷേന്ദ്രിയൊണ്ട് ഗ്രഹിക്കുന്നു പറയുന്ന സമ്മതിച്ചു വെളിച്ചം കൂടാതെ എന്നുള്ള പ്രശ്നം പ്രകാശത്തിന്റെ അഭാവം എന്ന് പറഞ്ഞാൽ പറയുന്ന ആക്ഷേപം എന്താണോ ൂപവത്തായ ഒരു ദ്രവ്യത്തെ ചക്ഷി നിന്ദ്രിയം വെളിച്ചത്തിൻ്റെ സഹായം കൂടാതെ ഗ്രഹിക്കുന്നു ഇതേ ദോഷം നിങ്ങളിലും ഉണ്ടെന്നാണ് അത് താർക്കി അംഗീകരിക്കുന്നു എന്ത് ന്യായമനുസരിച്ച് താർക്കീനം എന്ന് പറയുന്നു ഇരുട്ട് വെളിച്ചത്തിൻ്റെ അഭാവമാണ് ചക്ഷിന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കുന്നു വെളിച്ചം വേണ്ടത് രണ്ടിടത്ത് സമം അല്ലേ എന്നാ ചോദിക്കുന്നു മനസ്സിലായോ അപ്പൊ എന്ത് ദോഷമാണോ അദ്വീതിയിൽ പറഞ്ഞ ആ ദോഷം തന്നെ അവർക്കും ഉണ്ട് അപ്പോ തർക്കം പറയും അത് വെളിച്ചത്തിന്റെ അഭാവത്തെ മാത്രം ഗ്രഹിക്കുന്നിടത്ത് വെളിച്ചത്തിന്റെ ആവശ്യമില്ല വേറെ എല്ലായിടത്തും വെളിച്ചത്തിൻ്റെ അഭാവത്തിന്റെ ചാഷപ്രത്യക്ഷ ഉണ്ടാകുന്നിടത്ത് എല്ലായിടത്തും വെളിച്ചത്തിന്റെ ആവശ്യമുണ്ട് പക്ഷെ വെളിച്ചത്തിന്റെ അഭാവമാണെങ്കിൽ അതിന്റെ ആവശ്യമില്ലാതെ നിവർത്തിയില്ലല്ലോ ചാഷപ്രത്യക്ഷം ഉണ്ടാവുന്നു എന്നാണ് കാർക്കേം പറയുന്നത് ഞാൻ പറയുന്നത് അത് സ്വീകരിക്കാൻ പറ്റത്തില്ല കാരണം ഘടമെന്ന് പറയുന്നത് രൂപവത്താണ് എന്ന് പറഞ്ഞു ഘടാഭാവം എന്ന് പറയുന്ന രൂപവത്തഭാവമാണ് ഘട്ടാഭാവം എന്ന് പറയുന്നത് രൂപവത്തായ ഒരു അഭാവത്തെ നിങ്ങൾക്ക് ചാക്ഷപ്രത്യക്ഷം ഉണ്ടാവണമെങ്കിൽ വെളിച്ചം ഉണ്ടായാലേ പറ്റും എന്താണ് അപ്പൊ സ്വീകരിച്ചേ മതിയാവും സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയേണ്ടി എന്താണ് ഇപ്പോൾ പ്രകാശം ൂപവത്താണ് പ്രകാശഭാവം രൂപവത്തഭാവമാണ് ഘടാഭാവം രൂപവത്തിന്റെ അഭാവമാണ് അപ്പോ രൂപവത്തായ പ്രകാശത്തിന്റെ അഭാവത്തെ ഗ്രഹിക്കുന്നതിന് വെളിച്ചം വേണ്ട എന്ന് പറയണമെങ്കിൽ രൂപവത്തായ ഘടത്തിന്റെ അഭാവത്തെ ഗ്രഹിക്കുന്നതിന് വെളിച്ചം വേണ്ട ഇതാണ് അദ്വൈ തർക്കിനോട് പറയുന്നു നിങ്ങൾ ഒരിടത്ത് വെളിച്ചത്തെ സ്വീകരിക്കുന്നു ായ ഘടത്തിന്റെ അഭാവ പ്രത്യക്ഷത്തിൽ ചാക്ഷ പ്രത്യക്ഷത്തിനും വെളിച്ചത്തെ സ്വീകരിക്കുന്നു അങ്ങനെയാണെങ്കിൽ രൂപവത്തായ പ്രകാശത്തിന്റെ പ്രകാശത്തിന്റെ അഭാവമാകുന്ന തമസ് ഗ്രഹിക്കുന്നതിനും വെളിച്ചത്തെ സ്വീകരിക്കേണ്ടി വരും ഇതാണ് പ്രതിബന്ധിത്വം എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങളോട് നിങ്ങൾ എന്ത് ദോഷം പറയുന്നോ നിങ്ങൾക്കും ഉണ്ട് എന്നാണ് ഈ പറയുന്നിടത്തും അദ്വൈതി പറയുന്നതില് ചാക്ഷപ്രത്യക്ഷത്തിന് വെളിച്ചം കൂടിയേ തീരൂ ഇനി തമസിന്റെ അഭാവം എന്ന് പറയുമ്പോ അവിടെ വെളിച്ചമില്ല തോമസിന്റെ അഭാവം എന്നൊരു വെളിച്ചമുണ്ട് ആ വെളിച്ച തേജസിന്റെ അഭാവം എന്നൊരു അവിടെ വെളിച്ചമേ ഇല്ല അപ്പോ വെളിച്ചം ഇല്ലാത്തടത്ത് താർക്കിം പറയുന്നത് അതേസമയം ഘടാഭാവം അങ്ങനെയല്ല അവിടെ വെളിച്ചമുണ്ട് ഘടത്തിൻ്റെ അഭാവം അതുകൊണ്ട് അവിടെ വെളിച്ചം കൊണ്ട് ഗ്രഹിക്കുന്നു ഇവിടെ എന്തുകൊണ്ട് തേജസ്സിൻ്റെ അഭാവത്തെ ചക്ഷീനം കൊണ്ട് ഗ്രഹിക്കുന്നു വെളിച്ചമില്ലെങ്കിലും കാരണം അവിടെ വെളിച്ചമില്ലാത്തതുകൊണ്ട് തന്നെ വെളിച്ചമില്ലായിരിക്കും പിന്നെ എങ്ങനെ ഗ്രഹിക്കാൻ പറ്റും പക്ഷേ അദ്വൈത് പറയുന്നെങ്കിലല്ല രൂപവത്തായ ഒരു ദ്രവ്യത്തിൻ്റെ കാര്യം പറയണം മറ്റേ രൂപവത്തായ ദ്രവ്യത്തിന്റെ അഭാവമാണ് രൂപവത്തായ ദ്രവ്യത്തിന്റെ അഭാവത്തിലാണ് വെളിച്ചമില്ലാത്തത് കൊണ്ട് വെളിച്ചം കൂടാതെ ഗ്രഹിക്കുന്നു എന്ന് പറയുന്നു പക്ഷെ ഇവിടെ അങ്ങനെയല്ല രൂപവത്തായ ഒരു ദ്രവ്യമാണ് അത് വെളിച്ചം കൂടാതെ ഗ്രഹിക്കുന്നു എന്ന് പറയുന്നു അദ്വൈത് ഇതാണ് രണ്ട് നമ്മുടെ വ്യത്യാസം ഇപ്പം ഈ രണ്ടു പറയുന്നിടത്തും ഇത് ഇവർ രണ്ടുപേർ പറയുന്നിടത്തും ഒരു പോരായ്മയുണ്ട് ഇത് രണ്ടു വാദങ്ങളിലും ഉണ്ട് അതായത് അന്ധകാരം വെളിച്ചത്തിന്റെ അഭാവമല്ല അതൊരു ദ്രവ്യമാണ് രൂപവത്തായ അത് വെളിച്ചത്തിന്റെ സഹായം കൂടാതെ ചക്ഷിന്തിരി കൊണ്ട് ഗ്രഹിക്കുന്നു എന്നു പറയുന്നിടത്തും താർക്കിയും പറയണെന്ത് അന്ധകാരം വെളിച്ചത്തിന്റെ അഭാവമാണ് അത് വെളിച്ചത്തിന്റെ സഹായം കൂടാതെ ചക്ഷിന്തിരി കൊണ്ട് ഗ്രഹിക്കുന്നു എന്നു പറയുന്ന രണ്ടിടത്തും ഒരബദ്ധമുണ്ട് തുല്യമായൊരു അപകടം അതെന്താണ് അതായത് നമ്മുടെ ഇന്നത്തെ അറിവെച്ച് നോക്കും അതായത് ഈ വാദങ്ങൾ മുഴുവൻ അവരുപയോഗിക്കുന്ന യുക്തി എല്ലാം വളരെ ക്ഷേമമാണ് പക്ഷെ ആ യുക്തികൾ അവതരിപ്പിക്കുന്നതിനുള്ള അവരുടെ അടിസ്ഥാനം എന്ന് പറയുന്ന അന്നത്തെ പദാർത്ഥ ജ്ഞാനമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പദാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് അവരുടെ ആ ഭൗതികമായ അറിവെന്ന് പറയുന്നത് മനുഷ്യന്റെ അറിവിന്റെ പ്രാരംഭദിശയിലുള്ള അറിവാണ് ആ അറിവിൽ നിന്നുകൊണ്ടാണ് ഈ വാദം അതുകൊണ്ട് ഇന്നത്തെ അറിവ് വച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇന്നത്തെ അറിവെന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ അറിവ് വച്ച് ചിന്തിക്കുമ്പോൾ ഇവർ രണ്ടുപേരും പറയുന്ന അബദ്ധമാണ് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം സിമ്പിൾ ഇന്ന് സ്കൂളിൽ പഠിക്കുന്നത് ഞാൻ സ്കൂൾ വരെ പഠിച്ചിട്ടുള്ളൂ ആ അറിവ് വെച്ച് പറയണെങ്കിൽ ഇവര് രണ്ടൂർ പറയുന്നതും അബദ്ധമാണ് അതിനും വളരെ സിമ്പിൾ അങ്ങനെ അന്ധകാരം പ്രകാശത്തെ ആശ്രയിക്കുന്നവരും ഏത് അന്ധകാരമാണ് അന്ധകാരത്തിൽ തന്നെ പലതുണ്ടല്ലോ ഇവർ പറയും നഴലിന് അന്ധകാരം എന്ന് പറയുന്നു പിന്നെ അല്ലാത്ത അന്ധകാരം എന്ന് പറയുന്നു എവിടെയാ പ്രകാശമുള്ളത് അതൊന്നുമല്ല വളരെ സിമ്പിളായ ഒരു കാര്യം ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ച കാര്യം അതാണ് നിങ്ങളൊക്കെ അതിന് മേളിൽ പഠിച്ചവരാണ് അത് വെച്ച് നോക്കുമ്പോൾ ഈ രണ്ട് പറയുന്നതും ഒരു വലിയ അബദ്ധമാണ് വളരെ അടിസ്ഥാനപരമായി പറഞ്ഞാൽ കാണുക എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ ഗ്രഹിക്കുക എന്നാണ് അർത്ഥം കാണുക എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ ഗ്രഹിക്കുക എന്നാണ് അർത്ഥം പ്രകാശത്തെ ഗ്രഹിക്കലാണ് കാണലായിട്ട് ബയോളജി ശരീരശാസ്ത്രം വിശദീകരിക്കുന്നത് വസ്തുവിൽ പ്രതിഫലിച്ച പ്രകാശം ഗ്രഹിക്കുന്നതാണ് കാണൽ അപ്പൊ പിന്നെ തമസിന്റെ അവിടെ ഒന്നും കാണാനില്ല അത് തന്നെയാണ് അതായത് തമസ് ഒരു ദ്രവ്യമായി അതെന്തോ സ്വീകരിച്ചോട്ടെ തമസ്സിന് ഒരു ദ്രവ്യമായി സ്വീകരിച്ചാലും ശരി വെളിച്ചത്തിന്റെ അഭാവമായി സ്വീകരിച്ചാലും ശരി തമസ്സെന്ന് പറയുന്ന വാസ്തവത്തെ എന്താണ് തമസ്സെന്ന് പറയുന്ന എന്താണ് എന്ന് പറഞ്ഞ പോരാ കൃത്യമായി പറയണം കണ്ണ് ആ കണ്ണ് കാണാതിരിക്കുന്നതാണ് തമസെന്ന് പറയുന്നത് തമസെന്ന് പറഞ്ഞാൽ വെളിച്ചത്തിന്റെ സഹായത്തോടു കൂടി വസ്തുക്കളെ ഗ്രഹിക്കുന്നിടത്ത് വെളിച്ചത്തെയും ഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അതിൻ്റെ സഹായത്തോട് ഗ്രഹിക്കുന്ന കാണാതിരിക്കുന്നതാണല്ല തമസം എന്ന് പറയുന്നത് കണ്ണിന്റെ പ്രത്യക്ഷ അനുഭവമല്ല കണ്ണ് ഈ വെളിച്ചം അതുകൊണ്ടാണ് വെളിച്ചം കുറയുന്നതനുസരിച്ച് നമുക്ക് മുമ്പിൽ വസ്തുക്കളെ കാണാൻ കഴിയാതെ വരുന്നു വെളിച്ചം കൂടുന്നതനുസരിച്ച് കാണാതെ വരുന്നു അവിടെ സംഭവിക്കുന്നത് എന്താണ് ഈ കാഴ്ച എന്ന് പറയുന്നത് പണ്ട് സ്കൂളിൽ പഠിപ്പിച്ചത് ബ്രെയിൻ പ്ലസ് ഐസ് എന്നാണ് നമ്മുടെ ബ്രെയിനും കണ്ണും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് കാഴ്ച ഉണ്ടാക്കിത്തരുന്നത് അപ്പം നമ്മുടെ മുമ്പിൽ അതിനെന്ത് വേണം പ്രകാശം സ്പേസിലൂടെ സഞ്ചരിച്ച് നമ്മുടെ കണ്ണിൽ വന്ന് അവിടെ നിന്ന് പിറകിൽ പോയി റെട്ടിനയി ഫോക്കസ് ചെയ്ത് അവിടെ എന്താണ് ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നടന്ന് അതിനെ ഇലക്ട്രിക്കൽ ഇമ്പൾസാക്കി ഓപ്റ്റിക് നെർവിലൂടെ എവിടെ മിഷൽ കോട്ടിക്സിലെത്തിക്കണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാഴ്ച എന്ന് പറയുന്നത് എന്താണ് ബ്രെയിൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ് ശരിക്കും ബ്രെയിനിന്റെ ഒരു എന്റർപ്രിട്ടേഷനാണ് നമ്മൾ വിഷനെന്ന് പറയും അപ്പൊ അത് വെളിച്ചമില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പ്രകാശം ചെല്ലുന്നില്ല അവിടെയുള്ള യാതൊരു പ്രവർത്തനങ്ങളും നടക്കുന്നില്ല ബ്രെയിനിൽ ആ പ്രവർത്തനം നടക്കുന്നില്ല അപ്പൊ കാഴ്ചയില്ല അപ്പൊ ഈ ഒരു അറിവ് ഈ പ്രാഥമികമായ ഇന്നത്തെ അറിവ് പഴയ ആൾക്കാർക്കുണ്ടായിരുന്നില്ല അവർ ഈ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഈ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു സാധനമേയല്ലോ ഒന്നാമത്തെ തകരാറ് അതാണ് പണ്ട് ഇവർ ബ്രെയിനിനെ കുറിച്ച് അധികം ചിന്തിച്ചിട്ടില്ല വിഷൽ കോട്ടക്സ് എന്ന് പറയുന്ന ഒരു സാധനമൊന്നും അവരുടെ ഡിക്ഷണറിയിലേ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഈ പ്രത്യക്ഷം എന്ന് പറയുന്നതിൻ്റെ വളരെ ഒരു പ്രാകൃതമായ പ്രത്യക്ഷത്തെ കുറിച്ചുള്ള ഒരു ധാരണയായിരുന്നു കൊണ്ടുണ്ടായിരുന്നത് അതിന് പ്രകാശത്തിന്റെ പങ്കെന്താണെന്നു അറിയത്തില്ല പ്രകാശം തന്നെ ഇപ്പോൾ അട്രാവലസ്ട്രേസ് നമുക്ക് കാണാൻ പറ്റില്ല കാണുന്ന പ്രകാശത്തിലാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത് കാണാൻ വയ്യാത്ത പ്രകാശമാണെങ്കിൽ കണ്ണിന് ഗ്രഹിക്കാൻ പറ്റാത്തവണ് അട്രാവല ശ്രേസ് അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഇന്ന് നമുക്കൊരു സ്കൂൾ കുട്ടിക്കുണ്ടാവുന്ന സാമാന്യ അറിവൊന്നും അന്നും മനുഷ്യൻ നേടിയിട്ടില്ല അത് അവരുടെ കുറ്റമല്ല മനുഷ്യനത്രയൊന്നും വളർന്നിട്ടില്ല നേടിയിട്ടില്ല അപ്പം ഈ അറിവെന്ന് പറയുന്ന നിന്നുള്ള അറിവ് എന്താണ് വളരെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി അറിവാണ് വെറും ഹൈപ്പോത്തിസിസ് അല്ല കാരണം ഇതിനെ ആസ്വരിച്ചിട്ടാണ് നമ്മളെ കണ്ണിന് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഈ തിയറി ആസ്വരിച്ചിട്ടാണ് ചികിത്സിക്കുന്നതും നേരെയാക്കുന്നതും എല്ലാം എന്ന് പറയുന്നു ഈ പറയുന്ന ന്യൂറോ അനോട്ടമി ഒന്നും പണ്ട് അങ്ങനെ ഒരു സംഭവമേ അന്നില്ലായിരുന്നു അപ്പൊ ഇതിനെ കുറിച്ചുള്ള അറിവില്ലാത്ത സമയത്ത് അവർ രണ്ടുപേരും പറഞ്ഞെന്താണ് തമസ് പ്രത്യക്ഷമാണെന്ന് അതാണ് ഏറ്റവും വലിയ തമസ് പ്രത്യക്ഷമേ അല്ല എന്നുവെച്ചാൽ കണ്ണവിടെ കാണുന്നില്ല പിന്നെ തമസ് പ്രത്യക്ഷമാണ് അതോണ്ട് അറിയാവുന്നതും അത് അങ്ങനെ അറിയണോ എന്താണ് വെളിച്ചത്തെ ഗ്രഹിക്കുന്നില്ല അങ്ങനെ ആരും ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നം തീർന്നേ ഇവർ പറയുന്ന എന്താണ് ഇരട്ടിനെ കാണുന്ന ഒന്നാണ് രണ്ട് രണ്ടാ അവര് പറയുന്ന ഒരു ഭാഗം ശരിയാണ് എന്താണ് വെളിച്ചത്തിന്റെ അഭാവം ഉണ്ടാകും ശരിയാണ് താർക്കിയന്മാർ പറയുന്ന ഒരു കാര്യം ശരിയാണ് മുമ്പിൽ വെളിച്ചം അഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് അവർ പറയുന്നത് അഭാവം പദാർത്ഥമാണ് പദാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ പദസ്യ അർത്ഥ പദാർത്ഥ ശരിയാണ് പദത്തിന്റെ അർത്ഥമാണ് ഇനി അഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് ഇല്ലായ്മ വെളിച്ചമില്ല ഇത്രയും ശരിയാണ് അവർ പറഞ്ഞത് അതാണ് ശരി അല്ലാതെ അദ്വൈതി പറയുന്ന എന്താണ് അവിടെ ഒരു ഉരുണ്ട സാധനം ഇരിക്കുന്നു എന്ന് പറയുന്നതല്ല വല്യ അബദ്ധമാണ് വെളിച്ചമില്ല കണ്ണിന് കാണാൻ കഴിയുന്നില്ല അത് മാത്രമല്ല ഇതിൽ ഇങ്ങനെ പറയുന്ന ഈ രണ്ടു കൂട്ടിലും പറയുന്ന ഒരു കാര്യമാണ് എന്ത് കണ്ണടച്ചു കഴിഞ്ഞാൽ ഇരുട്ടിനെ കാണുന്നു ഇത് തന്നെ വലിയ അബദ്ധമാണ് അത് പറഞ്ഞപ്പ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ ആശയക്കുഴപ്പുണ്ടാകണ്ടെന്ന് വെച്ചാല് കണ്ണടച്ചു കഴിഞ്ഞാൽ ഇരുട്ടിനെ കാണൂ അവര് പറയുന്നത് എന്താണോ താർക്കികം പറയുന്നത് കണ്ണടച്ചു കഴിഞ്ഞാൽ വെളിച്ചത്തിന്റെ അഭാവത്തെ കാണുന്നു അദ്വൈതി പറയുന്നത് അല്ല ഇതിന്റെ അകത്തുള്ള തമോദ്രവ്യത്തെ കാണുന്നു രണ്ടു അബദ്ധമാണ് അങ്ങനെയാണെങ്കിൽ അന്ധൻ ജന്മനാന്ധൻ അയാൾ കണ്ണടച്ച ഇരട്ടിനെ കാണുന്നില്ലേ ഉണ്ടോ വയൽ കാണുന്ന എന്താണ് ഈ തമോ ദ്രവ്യമാണോ അതോ വെളിച്ചത്തിന്റെ അഭാവമാണോ ഏക കണ്ണയില്ലല്ലോ പിന്നെ അയാൾക്ക് കണ്ണയില്ല കണ്ണില്ലാത്തവന് കണ്ണ് തുറന്നു വെച്ചാലും കാണുന്നെന്താ ഇരുട്ടാണ് കണ്ണടച്ചു വെച്ചാലും കാണുന്നേന്താ ഇരുട്ടാണ് അപ്പൊ പിന്നെ ഇരുട്ടിനെ കാണുന്നു എന്ന് പറയുന്നതിൽ എന്താ അപ്പൊ അന്ധന് കണ്ണു കണ്ണു വേണ്ടേ ഇരുട്ടിനെ മനുഷ്യൻ കാണുമെന്ന് വന്നുകഴിഞ്ഞാൽ എന്ത് വേണ്ടി വരും അന്തന് കണ്ണു വേണം അപ്പോൾ ഇപ്പം കണ്ണടച്ച വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത് ഈ സ്പേസിലൂടെ നമ്മുടെ ഇവിടെ എത്തിച്ചേരേണ്ട പ്രകാശത്തെ തടയുന്നു പ്രകാശത്തെ തടഞ്ഞ പിന്നെ ഒന്നും കാണുന്നില്ല കണ്ണിന് കാഴ്ചയെന്നു പറഞ്ഞാൽ അല്ലാതെ ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റിനെ അവിടെ കാണുകയല്ലോ കാരണം പ്രകാശമില്ലെങ്കിൽ പ്രകാശം നമ്മുടെ കണ്ണിലെത്തിയില്ലെങ്കിൽ ഈ ഉരുണ്ടിരിക്കുന്ന സാധനം ഇതില് വെളിച്ചം പുറത്തുനിന്ന് എത്തിയില്ലെങ്കിൽ കാഴ്ചയില്ല എന്നുള്ളതാണ് പിന്നെ കണ്ണ് കാണുന്നില്ല അപ്പം ഈ ഒരു അറിവ് കണ്ടില്ലാത്തതുകൊണ്ടാണ് ഈ കാട് കയറിയുള്ള ഇവരുടെ ചർച്ചകൾ ഇരുട്ടിനും അപ്പോൾ നമ്മൾ ഇന്ന് അദ്വിതത്തെ മനസ്സിലാക്കുമ്പോൾ ഇവിടെ പഴയ പദാർത്ഥ ജ്ഞാനം അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ചെന്ന് ചാട് അപ്പോൾ അവർ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള യുക്തി നമുക്ക് മനസ്സിലാക്കാം അത് ശരിയാണ് ആ യുക്തിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പദാർത്ഥം ഇങ്ങനങ്ങനെ ഇരുന്നോട്ടെ അതനുസരിച്ച് അവരെങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ അനുമാനം നടത്തുന്നു അവരെങ്ങനെ ദോഷത്തെ കണ്ടുപിടിക്കുന്നു അത്രയും ഭാഗമേ നോക്കി സ്വീകരിക്കാൻ പറ്റും ആ പദാർത്ഥ വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ പത്തോ രണ്ടായിരോ വർഷം പിറകി പോയി ജീവിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ അദ്വൈതത്തെ ഇന്ന് ആരെയും മുമ്പിൽ പോയി പറയാൻ പറ്റില്ല പക്ഷേ ഈ അദ്വൈതുകളെല്ലാം ഇന്നും ഭയങ്കരമായി ചർച്ച നടത്തുന്നത് എന്താണ് ഇതിൽ നിന്നുകൊണ്ടാണ് എങ്ങനെ വാദം നടത്തുന്നതാണ് ദ്രവ്യമാണോ അത് അഭാവമാണോ പ്രത്യക്ഷമാകുന്ന എങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ആ പ്രത്യക്ഷമാകുന്നില്ല എന്നുള്ള പോയിന്റിൽ വരുമ്പോൾ പിന്തിരിക്കണം പ്രത്യക്ഷമേ ആകുന്നില്ല ഇനി അങ്ങനെ നമുക്ക് ചിന്തിക്കാം എന്താണ് തമസ് എന്ന് പറയുന്നത് പ്രത്യക്ഷമാകുന്ന ഒന്നല്ല അത് വെളിച്ചത്തിന്റെ അഭാവം മാത്രമാണെന്ന് പറഞ്ഞാൽ അദ്വൈതത്തിന് ദോഷമൊന്നുമില്ല അദ്വൈതത്തിന് എന്തുകൊണ്ട് ദോഷമില്ല കാരണം ഇവരിത്രയും കഷ്ടപ്പെടുന്ന എന്തിനു വേണ്ടിയിട്ടാ അദ്വൈതൾ അജ്ഞാനത്തെ ഭാവരൂപമാക്കാൻ വേണ്ടിയിട്ടാണ് ഭാവോ തമസ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഭാവരൂപമായ തപസ് എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഈ വാദപ്രതിയാണം നടത്തുന്നത് പക്ഷെ അജ്ഞാനം എന്ന് പറയുന്ന അഭാവരൂപത്തിലുണ്ട് അല്ലേ എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു ഏകദേശം ആ അതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അടുത്ത ആ വിഷയത്തെ കുറിച്ച് ഇവരെങ്ങനെ സ്വീകരിക്കുന്നു ഭാവിരൂപത്തിലുള്ള അജ്ഞാനത്തെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളുമാണ് അടുത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് അതിനെ കുറിച്ച് ഇപ്പം നമ്മൾ തുടങ്ങീ പറഞ്ഞ കാര്യങ്ങളിലുള്ള ശരീരം തെറ്റും മനസ്സിലാക്കിയാൽ പണ്ടത്തെ കാലത്ത് നമ്മൾ ഏത് ഈ ഇങ്ങനെയുള്ള ഇത് ചിന്തിക്കുമ്പോഴും രണ്ടായിരം വർഷം നമ്മളുള്ള പദാർത്ഥ അടിസ്ഥാനത്തിലുള്ള ചിന്തകളാണ് അതിലെ ചിന്താ ശൈലിയെ മാത്രമേ നമ്മൾ ഉൾക്കൊള്ളാവൂ ബാക്കി പറയുന്ന കാര്യങ്ങൾ അവിടെ പദാർത്ഥ വിഭജനമെന്ന് പറയുന്നത് വളരെ സ്ഥൂലമാണ് അതിന് ഇന്നത്തെ ഇന്നത്തെ മനുഷ്യൻ്റെ അറിവിൻ്റെ മുമ്പിൽ അതിന് ഒന്നും ചെയ്യാനില്ല പക്ഷെ അന്നത് വലുതായിരുന്നു കാരണം മനുഷ്യന്റെ പ്രാരംഭമായ അറിവുകളെ നമുക്ക് തള്ളിക്കളയാൻ പാടില്ലല്ലോ ആ രീതിയിൽ അതിന് വിലയുണ്ട് അതിനൊന്നല്ല ഇവിടെ വന്നത് അപ്പൊ അതിനു തള്ളിക്കളയാൻ പറ്റും പക്ഷെ ഇന്ന് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള അവധങ്ങൾ തിരിച്ചറിയും ഇനിയുള്ള ചർച്ച മുഴുവനും ഈ അജ്ഞാനത്തെ കുറിച്ചുള്ള ചർച്ച ചെയ്യും ആണ് എല്ലാ ചർച്ച ചെയ്ത് വരാൻ പോകുന്നതിൽ പദാർത്ഥ വിജ്ഞാന ആവശ്യം വരുമോ എല്ലായിടത്തും അതായത് ആ കാലഘട്ടത്തിൽ അന്നത്തെ ഏറ്റവും വലിയ സയന്റിസ്റ്റുകളായിരുന്ന വൈശേഷികന്മാരും കാണാതന്മാരും അന്നത്തെ ഏറ്റവും വലിയ സയന്റിസ്റ്റുകൾ അപ്പോൾ അവരുടെ മുമ്പിൽ ചെന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സയൻസ് എടുക്കും ഇന്നും അതുതന്നെ സംഭവിക്കുന്നു ഇന്ന് നമ്മൾ ഈ കാര്യം ചെന്ന് പബ്ലിക്കിനോട് പറഞ്ഞാൽ അവർ സയൻസ് എടുക്കും അല്ലേ അപ്പോൾ അവർ സയൻസ് എടുക്കുമ്പോൾ സയൻസിന്റെ നിയമങ്ങളനുസരിച്ച് നമ്മൾ മറുപടി പറയാൻ പോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ അതിലും വലിയ സയൻസ് വേണം എന്നാലേ നമുക്ക് അവരോട് പറയാൻ പറ്റും ഇത് തന്നെ പണ്ട് സംഭവിച്ചു അപ്പോൾ താർക്കികനോടത് പറയാൻ പോകും ഇപ്പം താർക്കിയന്റെ സയൻസ് എടുത്ത് താർക്കിയന്റെ സയൻസ് എടുത്തപ്പോൾ അദ്വൈര്യ അതിലും സയൻസ് എടുത്ത് അതാണ് പണ്ട് സംഭവിച്ചത് പക്ഷെ സയൻസ് മാറി അപ്പോൾ അന്ന് പറഞ്ഞതിന് ഇന്നെന്തെങ്കിലും വിലയുണ്ടോ സയൻസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതിന്ന് യാതൊരു വിലയില്ല അതുകൊണ്ടാണ് തുടക്കത്തിൽ പറയുന്നത് ആധ്യാത്മികമായ അറിവെന്ന് പറയുന്ന ആത്മനിഷ്ഠമായി ഗ്രഹിക്കേണ്ട കാര്യമാണ് ഈ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിത് വിശദീകരിക്കാൻ പോയാൽ തൽക്കാലം നമുക്ക് ഒരു പക്ഷേ പിടിച്ചിരിക്കാൻ പറ്റും മുമ്പോട്ട് ചെല്ലുമ്പോൾ ഇത് മാറിയില്ലേ ഇതും അന്ന് അന്നത്തെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ചതാണ് ഇന്നിപ്പം നമ്മൾ നോക്കുമ്പോൾ അബദ്ധങ്ങളാണ് ഇത് വരുമെന്ന് പറയുന്ന അതുകൊണ്ടാണ് പിന്നെ വേണമെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാം സയൻസിന്റെ അടിസ്ഥാനത്തിന് ചർച്ച ചെയ്യാം പക്ഷെ അവിടെ പിന്നെ ബലാബലം പരീക്ഷിക്കുമ്പോൾ ആരുടെ സയൻസാണ് മുമ്പേ നിൽക്കുന്ന പ്രശ്നം വരും അപ്പോ ഇത് ആത്മനിഷ്ഠമായി വിശദീകരിക്കുക എന്നുള്ളതാണ് <questionlichidée> <ah clam clam and ും പണ്ഡിതനെന്ന് വെച്ചാൽ പാണ്ഡിത്യം പറഞ്ഞ എന്താണ് ആ പണ്ടത്തെ പാണ്ഡിത്യം എന്ന് പറയുന്നത് ഈ എന്റെ ഏറ്റവും വലിയൊരു തകരാറെന്ന് പറയുന്നത് അവരൊരിക്കലും മുമ്പോട്ട് പഠിക്കത്തില്ല പഠിച്ചേനേട്ട് പഠിക്കത്തേ ഉള്ളൂ അതാണ് പഴയ പാണ്ഡിത്യത്തിന്റെ ഒരു കുഴപ്പം ഈ പറയുന്ന പദാർത്ഥ വിജ്ഞാനമൊക്കെ തന്നെ ഇവരൊക്കെ ഇത് ചർച്ച ചെയ്യുമ്പോൾ അതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പിലുള്ള പദാർത്ഥ വിജ്ഞാനമാണ് പിന്നെ അവർ പദാർത്ഥത്തെക്കുറിച്ച് കൂടുതൽ ഗവേഷണ പഠനങ്ങളൊന്നും നടത്താൻ പോയില്ലൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പർവദോ അനുമാൻ ഡുമാറഞ്ഞു അനുമാനം നടത്തും അപ്പൊ ഒരാൾ പറഞ്ഞു എന്നിട്ടതിനെ കുറിച്ച് ചെറുത്തായി അങ്ങനെ അനുമാനം നടത്തി കഴിഞ്ഞാൽ പർവ്വതത്തിൽ വന്യട ജ്ഞാനം ഉണ്ടാകുമോ പറഞ്ഞുണ്ടാകും പറഞ്ഞു ഇതിൽ ശരിയല്ല അതിൽ വ്യഭിചാരദോഷം എങ്ങനെയാണ് വ്യഭിചാരദോഷം വരുന്നത് സാധ്യാഭാവം ഉള്ളിടത്ത് ഏതു ഇരിക്കുന്നതിലേ വ്യഭിചാരദോഷം വരുന്നു അപ്പ അവര് പറഞ്ഞു വന്യ കാലിക സംബന്ധത്തിൽ ഹൃദലിരിക്കുന്നു അവിടെ ഹേതുല്ല അപ്പൊ എത്ര എത്ര ധൂമാകത്തത്ര വന്യെന്ന് പറയാൻ പറ്റുമോ വേറെ ആൾ പറയുന്നു അങ്ങനെ അല്ല വന്യ എവിടെയില്ല ധൂമം കാലിക സംബന്ധത്തിൽ എവിടെയിരിക്കുന്നു ഹൃദലിരിക്കുന്നു അപ്പൊ എത്ര എത്ര ധൂമത്തെ അത്ര എത്ര മഞ്ഞി എന്ന് പറയാൻ പറ്റുമോ പിന്നെ ഇതിനെ സംബന്ധിച്ചായി തർക്കം കാലിക സംബന്ധത്തിൽ എവിടെ ഇരിക്കും എവിടെ ഇരിക്കത്തില്ല ഇരുന്നാലെന്ത്രുന്നില്ലെങ്കിലും എന്ത് കുഴപ്പം എന്ന് പറയുമ്പോ ഇതെന്തായി ആ അപ്പോ പിന്നെ ഇവിടെ ചിന്താ തൊഴില യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയല്ല പിന്നെ ചിന്തിക്കുന്നു പറഞ്ഞ കാര്യങ്ങള് എന്നുകൊണ്ട് കേവലം അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഐഡിയകളിൽ ചിന്തിക്കുക ചിന്തിച്ചിട്ട് അവർ തിയറികളുണ്ടാക്കുക ഈ തീയറി എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് കാരണം കായിക സംബന്ധത്തിൽ അവിടെ വന്യ ഇരിക്കുന്നു എന്ന് പറഞ്ഞാലും ധൂമം ഇരിക്കുന്നു എന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല എന്നുകൊണ്ട് വന്യപർവ്വതത്തിലേ ഉള്ളൂ കായിക സംബന്ധത്തിൽ അവിടെ പോയി ഇരിക്കുന്നില്ല അതൊരു വാസ്തവമാണ് പക്ഷെ ഇവിടെ മനസ്സിലുണ്ട് എന്താണ് കായിക സംബന്ധത്തിൽ ധൂമോ അവിടെ പോയിരിക്കുന്നു മന്യ ഇരിക്കുന്നു പിന്നെ അതിനെ പരിഹരിക്കുന്നതിനെന്ത് ചെയ്യുന്നു വസ്തുനിഷ്ഠമായ ചിന്തയല്ല പറഞ്ഞ കാര്യങ്ങളിൽ ആശയപരമായി ഭാഷ കൊണ്ട് പരിഷ്കരിക്കുക അങ്ങനെ പരിഷ്കരിക്കുന്നതാണ് നമ്മൾ പഠിച്ചത് സാധ്യതാവശ്യ സംബന്ധാവശ്യം സാധ്യതാവശ്യവരിതെല്ലാം പറയുമ്പോഴും മന്യയും ധൂമെവിടെ ഇരിക്കത്തുള്ളൂ പർവതത്തിലേ ഇരിക്കൂ അപ്പൊ എവിടെ പോയി വന്യ അവിടെയിരിക്കുന്നു ചിന്താഗതിയോടെ പോയി അപ്പോൾ പദാർത്ഥ വിജ്ഞാനം എന്ന് പറയുന്നതിനുള്ള പഠനങ്ങൾ വിട്ടിട്ട് ആശയപരമായിട്ട് ഇങ്ങനെ കടന്ന് കടന്ന് കടന്ന് പോയി അപ്പോ ഞാനും രാജൻ സാറുമായിട്ട് വിഷയത്തെ കുറിച്ച് സംസാരിക്കും പറയുന്ന മാത്തമെറ്റിക്സ് ഇതുപോലെയാണ് വസ്തുനിഷ്ഠമല്ലാത്ത രീതിയിൽ ചിന്തിച്ച് ചിന്തി ചിന്തിച്ച് ഒരുപാട് തിയറികളുണ്ടാക്കി പോകുന്ന ഒരു രീതി ആധുനികമായ വിഷയങ്ങൾക്കുണ്ട് ഇത് പഴയ താർക്കികന്മാർക്ക് മാത്രമാണ് അതുകൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല ഉണ്ടെങ്കിൽ തന്നെ ഉപയോഗം കണ്ടെത്തേണ്ടിയിരിക്കുന്നു പലതും അത് പ്രൂവ് ചെയ്യാൻ കഴിയത്തില്ല പക്ഷെ ആശയങ്ങൾ ഇങ്ങനെ ഒരുപാടുണ്ട് അതിലഭിരമിക്കുന്ന മനസ്സുണ്ട് അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ഇല്ല എന്നാൽ അതിൻ്റെ ആപ്ലിക്കേഷൻ കൊണ്ടാണ് ഭൗതികമായ ഒരുപാട് നേട്ടങ്ങളുണ്ടാകും പക്ഷെ ആപ്ലിക്കേഷൻ ഇല്ലാത്ത ആശയങ്ങൾ തർക്കശാസ്ത്രം ആവഴിക്കാ പോയത് ഇതാണ് തകരാറ് ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തെങ്കിലും ആപ്ലിക്കബിൾ ആവാൻ സാധ്യതയുണ്ട് ഏഹ് സിദ്ധാന്തങ്ങൾ ഏതെങ്കിലും പ്രായോഗികമാധ്യതയുണ്ട് ഏതെ ഈ പറയണ ആധുനിക സയൻസിലുള്ള സിദ്ധാന്തങ്ങൾ അതിന് പിന്നെ പ്രോബിലിറ്റി തിയറി എന്ന് പറയുന്നുണ്ട് അതിലേക്ക് പോകണം എത്രമാത്രമാണ് അതിന്റെ സാധ്യത എന്ന് പറയുന്നു അ ചിലപ്പോൾ ലോകം അവസാനിച്ചാലും തീരാത്ത പ്രോബിലിറ്റീസുണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചിലത് സംഭവിക്കാം സംഭവിക്കാതിരിക്കാം അതുകൊണ്ട് അതിന് കാര്യമുണ്ട് എന്നുവെച്ചാൽ അത് ഇപ്പോ പത്തുരണ്ടായിരം വർഷം മുമ്പേ അവർ ചിന്തിച്ച് കായിക സംബന്ധത്തിൽ അഗ്നി ഹെറുതെത്തിയിരിക്കുന്നു ഇപ്പൊ ഇരിക്കുന്നു വെള്ളത്തിന്റെ പുറത്തിരിക്കുന്നു അഗ്നി ഇന്നിരിക്കുമോ അതിന്റെ പ്രോബിലിറ്റി എന്താ അപ്പോ അതാശയപരമായിട്ടേ നിൽക്കത്തുള്ളു അപ്പോ ഇങ്ങനെ ചിന്തിക്കാൻ പോയി കഴിഞ്ഞപ്പോ അദ്വൈതത്തില് കുഴപ്പമൊന്നും ഈ താർക്കിന്മാരുടെ പിറകെ പോയിട്ട് ഇങ്ങനെ കാട് കയറി അവർ ചിന്തിച്ചു അവരുടെ ചിന്തയ്ക്ക് ഒരു ബലമുണ്ട് അത് ശരിയാണ് ചിന്തിക്കുന്നതിന് അടുക്കുന്ന ചെത്തയുണ്ട് അത് ശരിയാണ് ആ ഒരു അംശം മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചർച്ച ചെയ്യുന്നത് അല്ലാതെ ഇവരുടെ പദാർത്ഥ ഇതിനനുസരിച്ചുള്ള ഇതൊക്കെ ശരിയാണ് ഇവർ പണ്ഡിതന്മാരെന്ന് പറയുന്നത് ശരിയാണ് അന്നത്തെ പാണ്ഡിത്യം എന്ന് പറയുന്നത് ഇതാണ് പക്ഷെ ആധ്യാത്മികമായൊരു അറിവിനെയും പാണ്ഡിത്യം കൊണ്ട് പ്രയോജനം ഇവരുടെ രീതി പോയാൽ പ്രയോജന അതുകൊണ്ടാണ് ഭാഷകാരൻ പറഞ്ഞ തർക്കം അതാണ് ഭാഷകാരൻ തർക്കത്തെ നിഷേധിക്കുന്നു യുക്തിയെ അംഗീകരിക്കുന്നു രണ്ടിനാണ് അപ്പോൾ എവരുടെ ചിന്തകളിൽ യുക്തിയുണ്ട് യുക്തിയുടെ ഒരംശം അത് നമുക്ക് സ്വീകരിക്കാം പിന്നെ ഭാവനയുടെയും ആശയങ്ങളുടെയും ഒരു ലോകമുണ്ട് അവിടെ നമുക്ക് തള്ളിക്കളയേണ്ടി വരും അത് രണ്ടും അത് വിവേചനപൂർവ്വം വേണം ഇതിനെയൊക്കെ മനസ്സിലാക്കാൻ ഇത് അദ്വൈതത്തിൽ വരുന്ന തകരാറ് ഇതൊക്കെ പഠിപ്പിക്കുന്നവരും അവർ പഴയ രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോഴും വിശദീകരിക്കുന്നു ഇതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ള കാര്യം അവർ ചിന്തിക്കുന്നില്ല അതുകൊണ്ട് അത്തരം തർക്ക തർക്കങ്ങൾക്ക് ഇന്നും പറ്റില്ല അത്തരം ബുദ്ധിക്ക് ഇന്നും ഉപയോഗമുണ്ട് ആ ബുദ്ധിയെ മാത്രമേ നമുക്ക് സ്വീകരിക്കും അത്രേ ഉള്ളൂ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തായാലും അജ്ഞാനം എന്ന് പറയുന്നതിന് ഒന്ന് നമുക്ക് സ്വീകരിക്കണം അദ്വൈതത്തിൽ വരും അത് അഭാവരൂപത്തിലുള്ള അജ്ഞാനത്തെ സ്വീകരിക്കണം ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തെ സ്വീകരിക്കണം െ കുറിച്ച് ചർച്ച ചെയ്യുമ്പോക്ക് അവിടെ അതിന് തമസ്സിനെ ഭാവരൂപത്തുള്ള ദ്രവ്യമാക്കാൻ പോകുന്നത് ഇന്നത്തെ കാലത്ത് പറയാൻ കഴിയില്ല അത് എന്താ ബന്ധം ഡാർക്ക് മാറ്റം എന്ന് പറയുന്നു ഇതുമായിട്ട് എന്താ ബന്ധം ഇരുട്ടിനെയാണോ പറയുന്നത് അതിന പറയുന്നത് അത് തന്നെ ആശയങ്ങളാണ് വെറും ആശയങ്ങളാണ് അത് പറഞ്ഞല്ലോ ഇന്നുകൊണ്ട് ഇത്തരം അപ്രേ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലേ മോണോമാഗ്നറ്റിസം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആശയങ്ങൾ ഇന്നത്തെ സയൻസിനുള്ളൂ ഇല്ലെന്ന് പറയാൻ പറ്റും അതൊക്കെ പ്രായോഗികതെന്ന് പറയുന്നത് എന്തായാലും ആ രീതി പോയി കഴിഞ്ഞാൽ ശരിയാവില്ല അതിൽ നമുക്ക് ആവശ്യമുള്ളതേ എടുക്കാൻ പറ്റും വേദത്തിലെ സൂക്തവും ഈ തമസിനെ ദ്രവ്യമായി അംഗീകരിക്കുന്നുണ്ടോ ഇതൊക്കെ എന്താണ് ഇവരാ വ്യാഖ്യാനങ്ങളല്ലേ വ്യാഖ്യാനങ്ങൾ അന്നുമല്ല അദ്വൈദികള് താർക്കികന്മാരുമായിട്ട് വാദപ്രതിവാദം നടത്തിയിട്ട് അവർക്ക് എന്താണ് അങ്ങനെ ഒരു ഭാവരൂപത്തിലുള്ള അനാദിയായ ഒരവിദ്യ സ്വീകരിക്കണം അങ്ങനെ ഒരു അവധ്യയെ സ്വീകരിക്കാൻ വേണ്ടിട്ട് തമസിനെ ദൃഷ്ടാന്തത്തിനുവേണ്ടി തോമസിനെ ഭാവരൂപത്തിലാക്കി അതിന് ചർച്ച വരും അത് ചർച്ച വരുമ്പോ നമുക്ക് അവിടെ വ്യക്തമാക്കണം പറഞ്ഞത് ചക്ഷുസ് തമസിനെ ഗ്രഹിക്കുന്നതേ ഇല്ലെന്ന് ചക്ഷുസ് തമസിനെ ഗ്രഹിക്കുന്നതേ ഇല്ല എന്ന് വെച്ചാൽ വെളിച്ചത്തിന്റെ അഭാവമായി സ്വീകരിച്ചാലും ഇനി ദ്രവ്യമായിട്ട് സ്വീകരിച്ചാലും ഇരുട്ടെന്ന് പറയുന്നത് കണ്ണു കാണാതിരിക്കുന്നതാണ് സിംപിളായി പറഞ്ഞത് ആ വാദം നേരത്തെ ഉന്നയിച്ചിട്ട് അതിൽ നിഷേധിച്ചിട്ടുണ്ടല്ലോ എങ്ങനെ പറയുമ്പോഴും പിന്നെ ഈ തരത്തിൽ കണ്ണിന്റെ പ്രവർത്തനങ്ങളോ പ്രകാശത്തിന്റെ ഇതോ ഒന്നും മനസ്സിലാക്കിയില്ലല്ലോ വാദത്തിന് വേണ്ടി പറയാമല്ലോ കാണുന്നില്ല പക്ഷെ അതൊന്നും അവിടെയൊന്നും ആശയം വ്യക്തമല്ല ആശയങ്ങളൊന്നും വ്യക്തമല്ല അവിടെ ചാഷപ്രത്യക്ഷം ഇല്ല ചക്ഷുരേന്ദ്രിയം പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ പ്രശ്നം തീർന്നു ഇത് വെളിച്ചത്തിന് മാത്രം നിൽക്കുന്ന ഒരു പ്രശ്നമല്ല ആ വെളിച്ചം എന്ന് പറയുമ്പോൾ അവിടെ ചക്ഷുരേന്ദ്രിയ പ്രവർത്തനം അതിന്റെ പിന്നിലുള്ള ബ്രെയിനിന്റെ പ്രവർത്തനം എന്താണ് മിഷൻ എന്ന് പറയുന്നതിനെ കുറിച്ച് ധാരണയില്ലാതെയാണ് ഈ പറയുന്ന ആര് പറഞ്ഞാലും പലതരത്തിൽ വ്യാഖ്യാനിക്കാം അവിടെ ഒന്നും വ്യക്തത കാര്യങ്ങളല്ല വ്യക്തത ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നം തീർന്നില്ലേ അതിനെ കുറിച്ചാവും പിന്നെ ചർച്ച ഇവിടത്തെ ചർച്ച മുഴുവൻ എന്താണ് പ്രത്യക്ഷം എന്നുള്ളതിനെ അംഗീകരിച്ചോണ്ടാണ് ചർച്ച പ്രത്യക്ഷമാകുന്നത് എന്തെന്നുള്ളതാണ് പ്രത്യക്ഷം അല്ല എന്ന് അംഗീകരിച്ചല്ല ചർച്ച ഇവിടെ ചർച്ച പ്രത്യക്ഷമില്ല ഇപ്പോ അവിടെ ഒരു ദ്രവ്യമുണ്ട് മീമാംസകര് ദ്രവ്യമായി സ്വീകരിക്കുകയാണ് അത് പ്രത്യക്ഷമാകുന്നില്ല എന്നു വേണമെങ്കിലും പറയാമുണ്ടോ പ്രത്യക്ഷമാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രത്യക്ഷ യോഗ്യമായത് പ്രത്യക്ഷമാകുന്നില്ലെന്ന് പറയും അതുകൊണ്ട് കാര്യമില്ല അവിടെ ചക്ഷുന്ദ്രിയം പ്രവർത്തിക്കുന്നില്ല അതാണ് പറയേണ്ടത് പ്രത്യക്ഷമൊന്നും ഉള്ളതല്ല വെളിച്ചമില്ലെങ്കിൽ ചക്ഷീന്ദ്രിയെന്ന് പറയുന്നത് ഗ്രഹിക്കുന്ന എന്താണ് ഒരു ചന്ദ്രനെ ഗ്രഹിക്കുന്നു കാണുന്നു എന്ന് പറഞ്ഞാൽ സൂര്യന്റെ പ്രകാശം ചന്ദ്രനിൽ പോയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നോണ്ടാണ് നമ്മൾ കാണുന്നത് ആ റിഫ്ലക്ഷനാണ് ചക്ഷുന്ദ്രിയം ഗ്രഹിക്കുന്നത് ഇതാണ് അടിസ്ഥാനപരമായിട്ട് ഇന്നത്തെ തിയറി അപ്പോൾ പ്രകാശത്തെ ഗ്രഹിക്കുന്നില്ല എന്ന് വരുമ്പോൾ അവിടെ ചക്ഷുന്ദ്രിയ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അന്ധതയാണ് ആ വിഷയം പറയാതിന് ബാക്കി എന്ത് പറഞ്ഞാൽ ഇന്ദ്രിയത്തെ സംബന്ധിച്ചല്ല പറയുന്നത് ഇവരെല്ലാം പറയുന്നത് എന്താണ് വിഷയനിഷ്ടമായിട്ടാണ് എന്തുകൊണ്ട് ഇന്ദ്രിയത്തെക്കുറിച്ചൊന്നും അറിവില്ലായിരുന്നു പിന്നെ ഇതിൽ വേറൊന്ന് എന്താണ് വിരളിനെ നേരിട്ട് ബ്രഹ്മം സൃഷ്ടിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം ബാക്കിയെല്ലാം പറഞ്ഞിരിക്കുന്നവർ അവരുടെ പദാർത്ഥങ്ങളുടെ ഇതിൽ നിന്നുകൊണ്ട് ഇന്ദ്രിയമാണോ മനസ്സാണോ വിഷയമാണോ ഇത്തരം കാര്യങ്ങൾ നമുക്ക് അഭിരാം പറയാൻ പറ്റുള്ളൂ കാരണം അത് അന്നത്തെ പദാർത്ഥ വിജ്ഞാനത്തിൽ അത് പറയാനുള്ള സ്വാതന്ത്ര്യം അത് അന്നത്തെ വിജ്ഞാനത്തിൽ നിന്നുകൊണ്ട് പറയാം അതിൽ വിജ്ഞാനത്തിൽ നിന്നുകൊണ്ടാണ് വാദപ്രതിവാദങ്ങൾ അതിന് നമുക്ക് വേറെ ഒന്നും പറയാനില്ല പക്ഷേ ബ്രഹ്മത്തിൽ നിന്ന് നേരിട്ട് ഇങ്ങനെ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് അദ്വൈതപരമായും സ്വീകരിക്കാൻ പ്രയാസമുണ്ട് ഇരട്ടിന് മാത്രം ഒരു മുൻഗണന ്രഹ്മത്തിന് നേര ബാക്കി കാണുന്ന പ്രപഞ്ചം മുഴുവൻ എന്നൊക്കെ പറയുമ്പോൾ അത് പ്രാമാണികം എന്താ അടിസ്ഥാനത്തിൽ പറയുന്നു ഇതിന്റെ ഉപരിതെ ഇതിനെക്കുറിച്ചൊക്കെ ഇനി എത്ര മുമ്പോട്ട് പോയാലും ഈ സപ്ത പദാർത്ഥങ്ങളിൽ കിടന്നുള്ള കളിയല്ലേ അതിന്നുകൊണ്ടല്ലേ ചർച്ച മുഴുവൻ പിന്നെ ചർച്ച നടക്കണമെങ്കിൽ എന്ത് വരണം അതിനെ നിഷേധിച്ചിട്ട് വരണം പേര് പറയുന്ന പ്രത്യക്ഷമൊക്കെ നിഷേധിക്കണം അതവരും നിഷേധിക്കത്തില്ല അവർ ആദ്യം പ്രത്യക്ഷമൊന്നും അംഗീകരിക്കുന്നു പിന്നെ ഒരൊറ്റ ഇതേയുള്ളൂ വെളിച്ചം കൂടാതെ പ്രത്യക്ഷമാകുമോ ഇല്ലയോ ഇതിനെക്കുറിച്ചാ ചിന്തിക്കുന്നു പ്രത്യക്ഷം അല്ല എന്നുള്ള ഭാഗത്തിൽ നിന്നല്ല ചിന്തിക്കുന്നു എന്തുകൊണ്ട് അതായിരുന്നു അന്നത്തെ അറിവ് അപ്പോൾ നമ്മുടെ ധാരണ എന്താണ് ഇവരൊക്കെ എഴുതി വച്ചിരിക്കുന്നതെല്ലാം ഒരു പിശവും ഇല്ലാത്തതാണ് അന്നത്തെ ഇതനുസരിച്ച് അത് ശരിയാണ് ഇന്നത്തെ പുറത്ത് പറയുമ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കണം പുറത്ത് പറയേണ്ട അവസരം ഒന്നാണ് അബദ്ധങ്ങൾ പറയരുത് ോട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അടുത്ത് വരുന്നത് തൊണ്ണൂറ്റി ഒന്നാമത്തെ പേജ് ഇതാണ് അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിനു വരുന്ന മിഥ്യാത്വ നിരൂപണമാണ് മിഥ്യാത്വ എന്ന് പറയുന്നത് വെറും ശുദ്ധമായ തർക്കമാണ് മിഥ്യാത്വ നിരൂപണം ചർച്ച ചെയ്യണമെങ്കിൽ അത് കുറച്ചുകൂടി നല്ലത് അദ്വൈതസിദ്ധി ചർച്ച ചെയ്യുന്നതാണ് കുറച്ചുകൂടെ വിശദമായിട്ട് വെറും പ്യുർ തർക്കത്തെ ഉൾക്കൊള്ളാനുള്ള മനസ്സും പ്രായവും പക്വതയൊക്കെ നീക്കാവുമ്പോൾ അത് ചർച്ച ചെയ്യാം ഇവിടെ അങ്ങനെ ഇല്ല ചർച്ച ചെയ്യുന്നത് അനർവചനീയവിദ്യ കുറിച്ചാണ് അതായത് അത് ഈ തമസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ തമസ്സിനെ ഇങ്ങനെ ഇത്രയും ചെത്തി ഒരുക്കി എടുത്തത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അനർവചനീയമായ അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ അത് ചർച്ച വളരെ രസകരമാണ് കാരണം കുറേയൊക്കെ നമ്മൾ അതിൽ കടന്നു പോന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നതും ചർച്ച ചെയ്യാൻ തോമസിൻ്റെയും ചർച്ച രസകരമാണ് അവർ ചിന്തിച്ചു പോകുന്ന നമുക്ക് മനസ്സിലാക്കാറ് സർ പക്ഷെ അതിൽ ഈ പറയുന്ന പദാർത്ഥ വിജ്ഞാനത്തിൻ്റെ ചില പൊരുത്തക്കേടുകളാണ് നമുക്ക് ആത്യന്തികമായ സിദ്ധാന്തത്തെ സ്വീകരിക്കാൻ വയ്യാ തോമസിനര് ദ്രവ്യമായി സ്വീകരിക്കാൻ കഴിയാതെ നമ്മുടെ ഇന്നത്തെ അറിവുകൊണ്ടാണ് അല്ലെങ്കിൽ അന്നത് സ്വീകരിക്കും മിഥ്യാത്വം ജഗത് മിഥ്യാത്വം ജഗദ് മിഥ്യാത്വമാണ് ഇടയ്ക്ക് നമ്മൾ വിട്ടുകളാണ് അത് ചർച്ച ചെയ്യുന്നെങ്കിൽ അദ്വൈസ് ചർച്ച ചെയ്യുന്നതാണ് നല്ലത് കുറച്ചുകൂടെ കാരണം കുറച്ചുകൂടി വിശദമായിട്ടുണ്ടത് ഇതിനെക്കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടത്തെ ലക്ഷണം തന്നെ അവിടെ സമർദ്ധിക്കുന്നു യും എന്താണ് നേരത്തെ തന്നെ എന്താണ് ഭാവരൂപ തമസ്സെന്ന് പറഞ്ഞപ്പോഴാണ് ഭാവരൂപത്തിലുള്ള തമസ്സിനെ വെളിച്ചം നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ചർച്ച തമസിലേക്ക് പോയി അത് ഭാവരൂപമായി സമർത്ഥിച്ചു അതുപോലെ ഇവിടെ അനിർവചനീയമായ അനാദ്യ വിദ്യ എന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോഴാണ് എന്താണ് ഈ അനർവചനീയ വിദ്യ അവിടേക്ക് പോകുന്നത് വിശദമായ ചർച്ചയാണ് മനസ്സിലാക്കേണ്ടതുമാണ് അനുവചനീയ അവിദ്യാനാമ തൊണ്ണൂറ്റി ഒന്നാമത്തെ പേജില് ആ പാരഗ്രാഫ് തുടങ്ങുന്നത് കായിവചനീയനാമ ചോദിക്കുന്നു എന്താണ് ഈ അനിർവചനീയ അവിദ്യ എന്ന് പറയുന്നത് ഉപന്നാവ ജ്ഞാനാഭാവമാണ് അവിദ്യ എന്ന് പറഞ്ഞാൽ പൂരോക്ഷി പറയാണ് അദ്വൈതയുടെ പൂർക്ഷി അവിദ്യ എന്ന് പറഞ്ഞാൽ ജ്ഞാനാഭാവമാണ് താർക്കിക ചോദിച്ച കാര്യമാണ് താർഹികം പറയുന്ന എന്താണ് ആത്മാവിൽ സമവായ സംബന്ധത്തിൽ ജ്ഞാനം ഉണ്ടാകുന്നു നശിക്കുന്നു അപ്പം അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് ജ്ഞാനത്തിൻ്റെ അഭാവമാണ് വേറെന്താ ജ്ഞാനം ആത്മാവിലുണ്ടാകുന്നു നശിക്കുന്നു നശിച്ചാൽ അതിനെ കുറച്ചുകൂടെ വിശദീകരിച്ച് പറയും അപ്പോൾ അങ്ങനെ പറയാം അഭാവമാണ് അദ്വൈതി പറയുന്ന അങ്ങനെയല്ല അനിർവചനീയമായ ഒരു അവിദ്യ എന്നാണ് അതെന്ത് സാധനം എന്നാ ജ്ഞാനാഭാവം വിതരുകയാണ് ജ്ഞാനാഭാവം അല്ലാതെ അവിദ്യ അങ്ങനെ അല്ലാത്തൊരവിദ്യ പ്രസിദ്ധ ഞങ്ങളുടെ ശാസ്ത്രത്തിലൊന്നും ഇല്ല അങ്ങനെ ഒന്നില്ല ഉപപന്നാവ ഇനി നിങ്ങൾക്ക് ഉപപത്തിയിലൂടെ സമർത്ഥിക്കാനും സാധ്യമല്ല അങ്ങനെ ഒന്നുമില്ല ഞാൻ ആഭാവം എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു നമ്മുടെ രണ്ടു കൂട്ടർ ഒന്നായി താർക്കീവനും ഒന്നായി ഇതൊന്നായി അദ്വൈതത്തിലാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത് അവിദ്യ എന്ന് പറഞ്ഞു അതുകൊണ്ടിത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ജ്ഞാനപ്രാഗാവ പ്രധ്വംസയോ രേവച ലോകെ വ്യാവഹാരികാരംഭാ എന്താണ് അവിദ്യ എന്ന് പറയുന്നു ഒന്നുകിൽ ജ്ഞാനത്തിന്റെ പ്രാഗഭാവം അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ ധംസം ഇതാണ് ലോകത്തിൽ വ്യവഹരിക്കുന്ന എല്ലാവരും അതാണ് ജ്ഞാനപ്രാഗഭാവ പ്രധ്വംസവരേവ ഇത് ഉള്ളൂ ജ്ഞാനത്തിൻ്റെ പ്രാഗഭാവ അല്ലെങ്കിൽ പ്രധ്വംസ അത് നമ്മൾ പറയുന്നു എനിക്കറിവ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു അല്ലെങ്കിൽ ആ അറിവ് ഇപ്പം നഷ്ടപ്പെട്ടു പോയി അങ്ങനെയാണല്ലോ പറയുന്നത് അപ്പം ജ്ഞാനപ്രാഗഭാവ പ്രധ്വംസവരേവ ന ജാനാമി എന്നിങ്ങനെ രീതി അവിദ്യാത്വേന ലോകെ വ്യാവഹാരിക വ്യവഹാരവുലംബ എന്ന് പറഞ്ഞാൽ വ്യവഹാരികാണാം ഷഷ്ടീ സമാസം വ്യവഹാരവുലംബ് ലോകത്തില് വ്യാവഹാരികന്മാർ സാറിന് എല്ലാവരും സാറിന് മനുഷ്യരും വ്യവഹരിക്കുന്നത് വ്യവഹാരവുലംബം വ്യവഹാരത്തിന്റെ ഉപലബ്ധി ഇങ്ങനെയാണ് എങ്ങനെ ഒന്നുകിൽ പ്രാഗഭവം അല്ലെങ്കിൽ പ്രധ്വംസം അതിനെങ്ങനെ വിവരിക്കുന്നു എന്ന ജാനാമി എന്ന് പറഞ്ഞാൽ പ്രാഗഭാവമാകാം പ്രധ്വംസമാകാം എന്നാണ് വ്യാവഹാരികന്മാരായിട്ടുള്ള എല്ലാവരും വിവരിക്കുന്നത്